പൂജിക്കപ്പെട്ടവരാണ് പൂജ ഏറ്റുവാങ്ങുന്ന അധികൃതനും വണ്ണത്തക്ക കടുത്ത നമ്മുടെ പറയും മുമ്പോട്ടെന്ന് പറയും ഇതാണ് ഇതിൻ്റെ നല്ല സ്തു പറയുന്നത് എന്താണ് നിന്ദ എന്ന് പറയുമ്പോൾ അപവാദം അതൃപ്തി എന്ന് പറയുമ്പോൾ മല്ലാത്തക്കാൾ മുമ്പോട്ട് എന്താ പറയുന്നത് ചുന്നനിന്ദ രണ്ടു മുമ്പിൽ എന്താണ് വ്യത്യാസം നിന്ന്പ് പറയുന്നതാണ് ആത്മീയത ആത്മീയ ആത്മീയമായ ഒരു മനസ്സിന് വേണ്ടി ആത്മീയതയെ കൊണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി പറയും അവിടെയാണ് ഗീത മനസ്സിന്റെ ശാസ്ത്രം എന്നൊക്കെ പറയും മനസ്സിന്റെ സന്തോഷങ്ങൾ അതിനെ ലഘൂകരിക്കാനും പരിഹരിക്കാനും ഗീതം ഉപദേശിക്കുന്നു എന്ന് പറയുന്നത് ആ സന്ദർഭങ്ങൾ ശരിയാണ് മനസ്സിന്റെ സന്തോഷങ്ങൾ ഇവിടെ പറയുന്നില്ല അവിടെ ഗീതാമൂലങ്ങൾ തിരിച്ചും ഭൗതിക രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കളം ഇത് വ്യാഖ്യാനിക്കുന്ന എല്ലാവരും ഇവിടെ ഈ പറയുന്നത് ഇങ്ങനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും ഞാൻ പല വ്യാഖ്യാനിപ്പിച്ചു പലതുകൊണ്ട് വായിച്ചിട്ടുണ്ട് പലതുകൊണ്ടൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഇങ്ങനെ തന്നെ മനസ്സിലാക്കി ഈത മനസ്സിന്റെ സന്തോഷമെന്ന് പറയുന്നവരും ഇവിടെ വരുമ്പം പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ അതായത് അർത്ഥം ആർക്കും മാറ്റാൻ അവരുടെ പറയുന്നത് നന്ദ എല്ലാ തരത്തിലുള്ള നന്ദയിലും മനസ്സ് വളരെ അഭിവൃദ്ധിയെ ഭയങ്കര അപവാദങ്ങളൊക്കെ ഭയങ്കര ഇതിന്റെ പ്രശ്നമുണ്ട് പ്രശ്നമൊന്നും ഇത് ഭൗതികമാണ് പക്ഷേ ഈ ഹോട്ടലി കുറിച്ചപകടങ്ങൾ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഗീത വായിക്കുകയും പഠിക്കുകയും അത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും നമ്മളെ പലവരെ മനസ്സിലാക്കിയാണ് അതിലൂടെ അർത്ഥം മനസ്സിലാക്കിയതൊന്നും തെറ്റുണ്ടെന്നും ഞാൻ കരുതുന്നു പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കും മനസ്സിലാവുന്നു സംസ്കൃതം പഠിച്ചതിനു ശേഷം സംസ്കൃതം എത്രത്തോളം പഠിക്കുന്നു അത്രമാത്രം ഇതിന്റെ ആശയങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നതായിട്ടാണ് അനുഭവം വ്യക്തമായി വരുന്ന ഒരേ ആശയം തന്നെയാണ് അതൊരു നല്ല പക്ഷെ അവിടെ ഒന്നുകൂടിയുണ്ട് ഇതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില ആശയങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക ആഘാ സാറിന് ഇപ്പൊ പറയാറുണ്ട് പരിസ്ഥിതി ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടന്നു പിന്നീട് പിന്നീട് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലാക്കി നോക്കി എന്തുകൊണ്ടങ്ങനെ ഒരു ചിന്ത മനസ്സിലാക്കി വന്ന് നോക്കി നമ്മളെ ചുറ്റുപാടും നടക്കുന്ന ഓരോ സംഭവം കാണുമ്പോ അതിന്റെ കാരണം എന്താണ് അതിന്റെ പരിഹാരം എന്താണ് ചിന്തിക്കുമ്പോഴാണ് എന്റെ സാമൂഹിക ആഘാതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് വായിക്കിയ അർത്ഥം മനസ്സിലാക്കി പോവുക നിങ്ങളൊക്കെ പ്രഭാഷണം നടത്തും പോലെ തന്നെയാണ് ഞാനും പ്രഭാഷണം നടത്തിയത് നമ്മൾ നല്ലൊരു അപ്പം ഇതിൻ്റെ ഒരു ആഘാത പഠനം പിന്നീട് എനിക്ക് നടത്തേക്കുന്നത് വ്യക്തമായിട്ട് സമൂഹത്തിന് വേണ്ട ദോഷം ഇത്തരം പാഠം അപ്പോൾ എനിക്കൊരു കാര്യം തീർച്ചയായും പറഞ്ഞതല്ല ഈ ഭാഗങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പ്രേരിപ്പിച്ചതല്ല പിന്നെ സ്വാർത്ഥരായ മനുഷ്യരെ തിരികെ കയറ്റിയ സംഭവങ്ങളാണ് അങ്ങനുസരിച്ചു കൊണ്ടുവരാണെങ്കിൽ മനസ്സിലാക്കാം യുഭിയാം അടുത്ത പറയും പാർത്ഥോ യുദ്ധേ പ്രാരധ്യേ അമ്മിയാം സർവേശ്യാഗിനിയും അസമർഥാന്യവും സർവാണി ഭൂതാനി പ്രഭീഷ്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് അകീർത്തിയ ദുഷ്പേ അപ്പോൾ ആര് പറയും അത് പറയാൻ യോഗ്യതയുള്ളവരും പറയും പറയാൻ യോഗ്യതയില്ലാത്തവരും കുറ്റം പറയുന്ന അങ്ങനെയാണ് കുറ്റം പറയുന്നവരൊക്കെ പ്രത്യേകിച്ച് യോഗ്യത മനസ്സിൽ നമ്മള് നല്ല രീതിയിൽ ഭക്ഷണം ഒരാളും പാകം ചെയ്ത് തന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് ആ ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ ഇപ്പ കൂടുതലാണെന്നൊക്കെ പറയുന്ന കുറ്റം പറയുന്നതിന് നമ്മൾ നല്ല പാചകക്കാരനായിരുന്നൊന്നുമില്ല കാരണം സ്വയം പാചകം ഇതിനും മോശമായി എന്നു കുറ്റം പറഞ്ഞു അതിന് യോഗ്യത ആവശ്യം അതുപോലെ അഹ് അതിനെ കുറിച്ച് പറയുന്ന സർവദേശ കാല വ്യാപിനിയാണ് എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തും വ്യാപിക്കുന്നതായ ദുഷ്കൃത്തിനുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഞങ്ങൾ എല്ലാ ദേശത്തും എല്ലാ കാലത്തും വ്യാപിക്കും ഇനി വരുന്ന കാലങ്ങളെല്ലാം ഒരു ഭീരുവായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി ഇങ്ങനെ എന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടേ പിന്നെ അത് പറയുന്ന ആരാണെങ്കിൽ സമർത്ഥാനും അസമർത്ഥാനും സഹവാണി യോഗമാണ് അതിന് യോഗ്യത ഉള്ളവരും യോഗം ഇല്ലാത്തവരുമായ എല്ലാ പ്രാണികളും ജനിച്ച എല്ലാ മനുഷ്യർ പ്രാണികളൊന്നും മനുഷ്യരുടെ നിഷ്കൃതിയെക്കുറിച്ച് പറയാറ് മനുഷ്യർ കഥയിഷ്യും അങ്ങനെ ഭാവിയിൽ സമ്മതിക്കും അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പെരുമാറ കീർത്തിയെക്കുറിച്ച് ചിന്തിച്ചാലും ശരി യുദ്ധം ചെയ്ത് തദർ അതുകൊണ്ടെന്താ ഇത് ചെയ്ത് സോമി പരാക്രമാധിപതി സർവസംഭാവിനെ യും പരാക്രമം ഇതെല്ലാം കൊണ്ട് സർവസംഭാവികൻ സർവരാലും പൂജിക്കപ്പെട്ടവനാണ് അതിൽ വിപരീയത്തിൽ നിന്നുണ്ടാകുക വിപരീതത്തിൽ നിന്നുണ്ടാകണം വിപരീത വിപരീതം അതിൽ നിന്നുണ്ടാകുന്ന അത് നീ തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഈ സമയത്ത് സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും കൊല്ലേണ്ട സമയത്ത് നീ കൊല്ലുന്നില്ല പിന്തിരിയുന്നു നേരെ പറഞ്ഞു കഴിഞ്ഞു രുതിരപ്രതിനിധാനം എവിടെ ചോരം കൊരണ്ട ഭോഗങ്ങളൊന്നും എനിക്ക് അനുഭവിക്കുന്നു ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ് സഹോദരന്മാര് ശത്രുക്കളാണ് ശരി പക്ഷെ ഗുരുക്കന്മാര് ശത്രുക്കളല്ല ഇപ്പോഴും അവരും ഗുരുക്കന്മാരാണ് ഇപ്പോഴും അവരോടെല്ലാം അങ്ങ് എൻ്റെ അത് ആഗ്രഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിലും ശരി ദുര്യോധനാദികളോട് സഹോദരന്മാരാണെങ്കിലും അവരോട് ശത്രുത്തിൽ പക്ഷെ ഗുരുക്കന്മാരോ അങ്ങനെ അവരോട് ശത്രുതയും അവര് മറുപക്ഷത്ത് നിൽക്കുന്ന അതുകൊണ്ട് അവരുടെ ചോരപ്പുരങ്ങള് ഭൗതികമായ സുഖങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞതിനും മറുപടി പറയുകയാണ് അതിന്റെ വിപരീത ബുദ്ധിയൊന്നൊന്നുണ്ടായതാ അതുകൊണ്ട് എന്റെ യുദ്ധത്തിൽ നിന്ന് പെരുമാറും അതുകൊണ്ടൊന്നു വരുന്നു അങ്ങനെ നിനക്ക് ഭാവിയിൽ സർവലോകത്തും സർവദേശത്തും ഉണ്ടാകാൻ പോകുന്ന അകീർത്തി എന്ന് പറയുന്ന മരണം അഭിനയിച്ചു അത് മരണത്തെക്കാൾ കടത്തത് അത് മരണമാണോ തിരഞ്ഞെടുക്കുഷ്കൃഷ്ടിയാണ് ഏവം മിഥായ അകൃത്തെ മരണമൈവകവശരം ഇങ്ങനെയുള്ള അകൃത്തെക്കാൾ മരണമൈവ കവശരത്തെ മരണമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് സാറിന് വായിച്ചു മനസ്സിലാക്കി അർത്ഥം പറഞ്ഞു പോകുമ്പോഴത്തിന് വലിയ ഗൗരവം കൊടുക്കാറില്ല പറയുന്നതിൻ്റെ കാര്യമുണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരാൾ യുദ്ധത്തിൽ പിന്തിരിയാൻ പാടില്ല പൊട്ടാളക്കാർക്ക് നാഗർ തീയതി യുദ്ധം ചെയ്തു പല ശത്രുക്കളെ കൊണ്ടാണ് പാത പിന്തിരിയാൻ പാടില്ല എന്ന കാര്യമുണ്ട് പിന്തിരിയാൻ ദോഷമാണ് ഇത്രയും ലാഘവത്തോടുകൂടി മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണ് പ്രധാനമായ ആശയങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒരാൾ പിന്തിരിയാമോ എന്നുള്ളതാണ് യുദ്ധം എന്ന് പറയുന്നത് കേവലം കൊന്നു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ് അതോ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ മനുഷ്യൻ അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് പിന്തിരിയാമോ അപ്പൊ കൊന്നാലെ ചെയ്തു യുദ്ധം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നില്ല ശരിക്കാണ് പടയോട്ടങ്ങളുടെ ഒരു കാലത്ത് മനുഷ്യന്റെ ഒരു പ്രധാനത്തിലുണ്ടായിരുന്നു പടയോട്ടം കൊന്നും എന്നും മനുഷ്യൻ ജീവിച്ച ഒരു കാലത്ത് കൊന്നും വിജയിച്ച് ആ ഈ പറയുന്ന നിലക്കൊരുണ്ട് പക്ഷേ യോജിക്കുന്ന ആർക്കും അത് സ്വീകാര്യമായ ഒരു കാര്യമില്ല എന്തുകൊണ്ട് നമ്മൾ നമ്മൾ കൊല്ലപ്പെടുമ്പോഴും നമ്മളെ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുമ്പോഴും നമുക്ക് വളരെ വേദന അത് തന്നെ കാര്യം അപ്പോ ഇത് കുതിരെ അദ്വൈതികളെ കുറെ ഇവിടെ ഒരു കസരത്ത് പറയുണ്ട് എന്താണ് ശോകമോഹാദികളുടെ അതുകൊണ്ടാണ് ഇവിടെ സ്ഥിരമൊരു ഡയലോഗുണ്ട് തിരുനേക്കോയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് സാധനങ്ങൾ ശോകമോഹാദി എന്നൊക്കെ പറഞ്ഞ് അവരെന്താ മനസ്സിലാക്കുന്നത് എന്തായാലും പറഞ്ഞുകൊണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായി ആവർത്തിക്കുന്ന ഒരു ഡയലോഗ് അത് ശോകമോഹാദികളെ പോലാണ് അർജന്റീന കൊല്ലം പറഞ്ഞപ്പോൾ ദുഃഖം വന്നത് അശോകമോഹാദികളെ കൈമാറ്റിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാന്ന് ഇപ്പോ പഹൽഗാമിലൊന്നും കുറെ പാവപ്പെട്ട മനുഷ്യൻ നിരപരാധികൾ അവരാർക്കും യോജനവും ചെയ്തിട്ടില്ല അവരെ കുറെ തീവ്രവാദികളൊന്നും കൊന്നു മതത്തിന്റെ പേരിലാണ് കൊന്നത് ആർക്കും സംശയമില്ല ചില രാശിക്കാർക്ക് കൊലയെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും പ്രയാസം അതെന്തോ ശോകമോഹാരികളെന്ന് പറയുമ്പോൾ ചിലവുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രയാസം വരുന്നതോ അതേ മറ്റെന്തെങ്കിലും കാരണം എന്താ പ്രയാസം എന്തുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പ്രയാസം അഹന്തതിയും മമതയും പ്രയാസം ഈ പറയുന്ന ഡയലോഗയും കൊല്ലാൻ പറയുമ്പോ പറയുന്ന ഈ ഡയലോഗുകൾ നിങ്ങൾ ഇപ്പൊ പറയും അവിടെ അഹന്ത മമത രോഗം ഇതൊക്കെ പിന്നീട് വരും അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നമ്മുടെ മനസ്സ് വരുന്നത് എന്താണോ സന്തോഷമൊക്കെ വരുന്നു മനുഷ്യന്റെ മനസ്സ് വരുന്നു പ്രയാസം അല്ലാതെ അവിടെ എന്താ ഗവേഷണം നടത്താത്തത് അവിടെ എന്താ പറയാത്തത് അവരൊക്കെ ശോകമോഹികളില്ലാത്തതു കൊണ്ടാണ് അവര് കൊന്നത് അപ്പോ അവര് കൊന്നവര് കാരണം ശോകമോഹാനികൾ നമ്മൾ ദുഃഖിക്കുന്നു നമുക്ക് ശോകമോഹികളുണ്ട് എന്നൊക്കെ പറയാത്തീടെ എന്താ പറയാ അപ്പോ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുമ്പോൾ മനുഷ്യന് പ്രയാസമുണ്ട് അവരുദ്ധം ചെയ്യാൻ പോയവരുണ്ട് അവര് വേദക്കാലത്ത് സന്തോഷിക്കാൻ വേണ്ടി പോയത് അവരാണ് മതം തിരക്കി പിടിച്ചു ഇവിടെ പറയുന്നതേ ആശയ അവർ കൊന്നതിൻ്റെ പിന്നിലുള്ള ഇവിടെ ഈ പറയുന്ന ആശയം ഒന്ന് ഒരു വ്യത്യാസം ആ മതവും ഈ മതവും ഒന്ന് അത് തെറ്റാണ് ഇതും തെറ്റാണ് ഇത് ശരിയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്ന് തിരിച്ചറിവ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴേ അവൻ മനുഷ്യനായി ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്തുകൊണ്ടാ കൊലകളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നതിന് അഹന്തി മഹതിയും സുഖാസംബന്ധം മനുഷ്യന്റെ മനസ്സിൽ സഹജീവികളോട് ഒരു സ്നേഹം ഉണ്ടാവുമ്പോൾ അങ്ങനെ അകാരണമായി മനുഷ്യനും മനുഷ്യനെ കൊല്ലപ്പെട്ട മനസ്സിൽ സഹതമായുണ്ടാവും പ്രയാസമേ ഉണ്ടാവും അപ്പോ പറയുന്നത് എന്താണ് നിനക്ക് ചീത്തപ്പേരുണ്ടാവുക എന്നുകൊണ്ട് നീ കൊല്ലണം എന്നാ മരണത്തൊക്കെ ഒന്നില്ലെങ്കിൽ മരണത്തൊക്കെ എന്താണ് മോശമാണ് എന്തുകൊണ്ട് ചീത്തപ്പേരുണ്ടാവും ഇവിടെ വ്യാഖ്യാതാപരുകാര്യം കൂടെ പറയുന്നുണ്ട് ഇതൊക്കെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ വ്യാഖ്യാതക പറഞ്ഞുകൊണ്ട് ഞാനപ്പറു എനിക്കൊരു പ്രയാസവും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇത്തരം ആശയങ്ങളൊക്കെ തൂക്കിയ തായലോ കടലിലോ ഒക്കെ എറിയേണ്ട കാലങ്ങൾ എന്നാണ് എൻ്റെ എന്നെ ലോകത്തെ മനുഷ്യന് സമാധാനമായി ജീവിക്കാം അതിൻ്റെ വളരെ തഥാക ഉത്തര രാമായണി രഘുനാഥവാർ താ ഇതൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഉത്തരരാമായണത്തിലെ രഘുനാഥവാർ രാമൻ്റെ രാമൻ എന്ന കളർക്കും തീയടിയിലേക്ക് മാത്രം ഞാൻ ഇനി എന്താ പറയാൻ പോകും ഞാൻ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളെ പറയും എനിക്ക് രാമനോടോ രാമായണോടോന്നും ഒരു വിരോധമില്ല അവരെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരതി വ്യാഖ്യാനവും കൂടാതെ അത് എഴുതിയിരിക്കുന്നവരെ ഞാൻ പറയുന്നു അത് എഴുതിയിരിക്കുന്നവരെ പറഞ്ഞ് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥത വരെ അതെന്റെ പ്രശ്നം ആ അസ്വസ്ഥത നിങ്ങൾ നിന്ന് പരിഹരിക്കും ചെന്നു സ്വാമി ഇതുവരെ പറഞ്ഞേക്കോട്ടെ ഈ ദേവി രാമായണത്തെ കുറിച്ചൊന്നും പറയണെങ്കിൽ സൗഹൃദത്തിലാണത് പറഞ്ഞത് കാരണം ഈ പറയുന്നവർ കേട്ടപ്പോൾ മനസ്സിലായി ഈ രാമായണത്തെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു മോശമേ ഉള്ളൂ പറയാം നല്ലതൊന്നും വീണ്ടും സ്വാമി മോശം പറഞ്ഞ ആൾക്കാർക്ക് പ്രയാസം അത് പറയരു പക്ഷേ ഇത് ജീവിച്ചിരുന്നു ഇവരൊക്കെ ഇത് ഇതിന്റെ ഇടയ്ക്ക് അതിലുള്ള കാര്യം എനിക്ക് പറഞ്ഞു വരാം അത് അസഹനീയമായിട്ട് നമുക്ക് നേരത്തെ എഴുന്നേൽ വെറുതെ എവിടെ ഇരുന്ന കേൾക്കരുത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കും കുറെ പേരിപ്പോൾ വരുന്നില്ലല്ലോ രണ്ടു വഴിയിലാണ് പക്ഷേ എന്റെ വായില ടേപ്പൊട്ടിക്കാൻ എന്ന് വിചാരിച്ചത് നടക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ പറയുന്നത് രാമായണ മലയാളത്തിലെ പല പണ്ഡിതന്മാരെ കഴിഞ്ഞിട്ട് ഞാൻ വളരെ വേറെ വായിച്ചിട്ടുണ്ട് ഈ ഉത്തരരാമായ രാമായണത്തിൻ്റെ ഭാഗമല്ല അത് പിൽക്കാലത്തെ ചേർത്താണ് പരമാവധി അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷത്തെപ്പോഴത്തേക്കും ചിലന്ന് പറയും മുന്നൂറ് വർഷത്തെപ്പഴപ്പോൾ അതിനപ്പുറം വരാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് രണ്ട് വളരെ മോശമായ കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് ദലത്ത് മോശം മോശമായ കാര്യങ്ങളൊന്ന് സീത പരിത്യാഗം മറ്റൊരു ശമ്പുകളുടെ പദം ഇതിനുണ്ട് ഇന്നത്തെ ആൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാൻ പ്രയാസമാണ് ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് അത് രാമായണത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു ഈ എണീക്കിന്ന് ഇവിടെ ഇപ്പം ഉത്തരശ്രീം രാമായണം ിൽ ജീവിച്ചിട്ടും ആയിരത്തി ഇരുന്നൂറ് വീടുകളാണ് രാമായുജൻ ജീവിച്ചിട്ടും ആയിരത്തി മുന്നൂറ് രാമാനുജ സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് അതിന് മുമ്പേ ഉള്ളു ആയിരത്തി അഞ്ഞൂറ് വർഷം സമ്പ്രദായത്തിൽ പഴക്കം രാമായുജനം തുടങ്ങി വെച്ചല്ല രാമായുജന് വ്യക്തി അദ്ദേഹമാക്കിയതിനും അതിനു മുമ്പ് തന്നെ ആഗമങ്ങളും ഒരുപാട് ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു ഈ പരമ്പരയിൽ അംഗീകരിക്കാത്ത ഒരു രാമായണത്തിനൊരിക്കലും വീട്ടിലൂടെ കൊണ്ടുവരത്തില്ല ഉത്തര രാമായണം വളരെ പഴക്കമുള്ളതാണ് എത്രയും പേര് കൃത്യമായി പറയുന്നില്ല എന്തായാലും ആയിരം വർഷത്തിന് മേള പഴക്കമുള്ളതാണ് പിന്നെ രാമായണത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തി എന്തൊക്കെ മാറ്റി ഇന്ന് ആർക്കും കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടില്ല കൂട്ടിച്ചേർത്തലും തിരുത്തൽ ഉണ്ടെങ്കിൽ അത് പൂരാമായണത്തിന് കൂട്ടും ഉത്തരരാമായണത്തിന് മാത്രമാണ് അത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും മഹാഭാഗം എന്തായാലും രാമായണത്തിന് ആദ്യ ഭാഗം എന്നാണ് പറയുന്നത് എന്നാലത് ബുദ്ധനെ സ്ത്രീ പറയുന്നത് അപ്പൊ പിന്നെ അതിനാദ്യം ബുദ്ധന് ശേഷം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചാർവാകും അപ്പൊ അതുകൊണ്ട് ഉത്തരശ്വിൻ രാമായണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഉത്തരരാമായണം ആയിരം വർഷത്തിനു മേൽപ്പഴക്കമുള്ള ഒരു സാധനമാണ് അതിന് രാമൻ പറയുന്ന ആദ്യമേ രാജാമ്പല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാമായണവും ഒരു സാഹിത്യകൃതി മാത്രമാണ് രാമനും ലക്ഷ്മണനും സീതിയേക്കാതിന്റെ കഥാപാത്രങ്ങളാണോ ഗ്രന്ഥം ആരാണോ എഴുതിയത് ആളെ സൃഷ്ടിച്ച കഥാപാത്രമാണ് നമ്മുടെ മനസ്സിൽ രാമൻ എന്ന് പറഞ്ഞാൽ ദൈവമായി ഞാൻ ആ ദൈവത്തെ കുറിച്ച് അല്ലെ സംസാരിച്ചു അത് ദൈവമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചോളുക എഴുത്തച്ഛന്റെ രാമായണത്തിനും തുളസീദാസന്റെ രാമായണത്തിനുമൊക്കെ രാമൻ ദൈവമാണ് ഇവിടെ രാമനോട് ദേവന്മാരോ എന്ന് പറയുന്നു നീ ദൈവമാണെന്ന് പറയുമ്പോൾ രാമൻ പറയുന്നു ഞാൻ ദൈവം എൻ്റെ മനുഷ്യനാണ് എന്ന് പറയുന്നതാണ് ഒറിജിനൽ രാമായ ദൈവമാണെന്ന് സ്വീകരിക്കുന്ന ഭാഗമാണ് പക്ഷെ രാമന് തന്നെയുണ്ട് അതന്തുക്കോളൊക്കെ അത് മറ്റൊരു ചർച്ച ചെയ്യുന്ന വിഷയം അപ്പൊ ഞാനതിനൊരു കഥാപാത്രമായി കണ്ടിട്ടാണ് അതാണ് ഞാൻ പ്രദർശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ രാമ രാമക്ഷേത്രവും ഇതൊന്നും മനസ്സില് കിടക്കുവല്ല അത് പിന്നെ അങ്ങനെ ഞാൻ കണ്ടു വിശ്വീകരിക്കുന്നത് എന്നെക്കാളും ഇവിടെ സാഹിത്യം പഠിച്ചവരും ഒരുപാട് പേരുള്ള തൽക്കാലം കൈയിരിക്കട്ട തൽക്കാലം ഞാൻ ഈ പറയുന്നത് നല്ല ബുദ്ധിയോട് കൂടി കേൾക്കുക ഇവിടെ രാമൻ പറയണം അങ്ങനെ യെസ് ഏക ലോകേ ഭൂതസ് തസ് പദത്തെയും അധമാൻ ലോക ശബ്ദം അറിയേണ്ട ഇത്രയുള്ള പറയുന്നു എന്നാണ് വിധി പറയുന്ന അതേ രാമായണത്തിന് പറഞ്ഞു എന്താണ് അതിർത്തൽ യസ് ഡി ജി എന്ന ലോകയിലെ ഭൂതസ് യസ്യ തസേജിൽ പോലെ ഒരു വ്യക്തിയുടെ അകീർത്തി ദുഷ്കീർത്തി അപവാദം ഈ ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പദത്യേവാധമാൻ ലോക ആ വ്യക്തി പറയുന്നവരാണ് ആ വ്യക്തി എന്തെയും നരകത്തിലേക്ക് ഈ പറയുന്നു നഗരത്തിൽ നരകത്തിൽ പോകുന്നുള്ള കേൾക്കുന്ന വ്യക്തി നിരകത്തിൽ പോകുന്നു അതെന്താണ് ഈ ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നതെന്ന് മനസ്സിലാകാത്ത കാര്യം പറയാം വ്യാപശബ്ദ സഹത്യതയിൽ എത്രയും കാലം ഈ മറ്റുള്ളവരെ ദുഷ്കീർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും കാലം നരകത്തിലേക്ക് എന്ന് രാമൻ പറയുന്നു അത് വേണ്ടി രാമൻ എന്ന് പറയുന്ന കഥാപാത്രം പറയണം അകീർത്തി ദുഷ്കീർത്തി വന്നുകഴിഞ്ഞാൽ ഞാൻ മരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നു ഞാൻ സ്വയം മരിക്കും എന്നെ പറയുന്നു ഇത് പറയുന്നത് സന്ദർഭം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ചാരൻ ഇതും കുറച്ച് ചാലക്കാലമായി കൊട്ടാരത്തിൽ വന്ന് ലോകകാര്യങ്ങളൊക്കെ രാമനെ ധരിപ്പിക്കുമ്പോൾ ഭദ്രൻ രാമനോട് പറയുന്നു അവയെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറയുന്നുണ്ട് ഒരു രാക്ഷസൻ കുറെ കാലം ഉറപ്പിച്ചിരുന്ന ഒരു പെണ്ണിനാണ് ഇപ്പം സ്വന്തം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കില്ല ഇങ്ങനെ പറയണമെന്ന് ഇത്രയും പറഞ്ഞുള്ളൂ മുഴുവൻ പറഞ്ഞു ഞാൻ മലയാളത്തിൽ പറഞ്ഞു രാമായണത്തിൽ സംസ്കൃതത്തിൽ പറഞ്ഞു ഇത്രമാത്രമേ പറഞ്ഞു മൂന്നാലും വരികളെ പറഞ്ഞു പറയുന്ന ഭർത്താ വേറെ കൂടുതലൊന്നും ആരെ കുറിച്ചൊന്നും പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരാ മനസ്സിനും സഹോദരന്മാരെല്ലാം വിളിച്ചു വരുന്നത് ഒരാൾ പറഞ്ഞ അവരോട് പറയണം പറയുന്നു ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ മരിങ്ങി പിന്നെ രണ്ടാമെന്ന് പറയുകയാണ് നിങ്ങളെ തന്നെ ഞാൻ ഉപേക്ഷിക്കും അത് നിഷ്കൃപ്തി ഉണ്ടായെന്നുള്ള സത്കീർത്തിക്കേണ്ടി സത്പേരിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കും അതിനുവേണ്ടി നിങ്ങളെയൊക്കെ ഉപേക്ഷിക്കും ഞാൻ സീതിയും ഉപേക്ഷിക്കും എന്റെ നല്ല പേര് രാമായണത്തിൽ സന്ദർഭത്തിൽ ഒന്നും പറയുന്നില്ല ഇന്നീ ആൾക്കാർ പറയുന്ന പോലെ എന്നാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാമൻ ചെയ്ത് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ പ്രജകൾക്ക് നന്മയ്ക്ക് വേണ്ടി അങ്ങനെയൊന്നും പറയുന്നു ഇവിടെ പറയുന്ന അലയാസം തന്നെയാണ് പറയുന്നത് എന്റെ കീർത്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്ത് ഉപേക്ഷിക്കുന്നത് അത് പറയുന്നുണ്ട് ഞാൻ പരീക്ഷണങ്ങളെ കാലത്ത് ചെയ്ത നല്ലവളാണെന്ന് ബോധ്യപ്പെട്ട് അതൊക്കെ ശരിയല്ല പക്ഷെ അതൊക്കെ അംഗീകരിക്കും എനിക്ക് ജീവിതം പേരുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കും പിന്നെ സഹോദരന്മാരോട് പറയുന്നു ഇതിലും നിങ്ങളിന്നെ ഇടപെടാൻ പാടില്ല ഇടപെടൽ എന്നെ ശത്രുത പിടിച്ചുപയറ്റു അവർക്കെല്ലാം പ്രയാസമായി ലക്ഷ്മണനോട് പ്രത്യേകം പറയുന്നു നീ എന്നെ ഇതിൽ ഉപദേശിക്കാൻ വരരുത് ഞാൻ പറഞ്ഞതുവരെ അല്ലെങ്കിൽ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ ശത്രുവായി മാറി രാജാംസത്തിനും അതുകൊണ്ടെന്താണ് ചെയ്യേണ്ടത് ഈ നദിയുടെ അപ്പുറം വാൽമീടെ ആശ്രമത്തിന്റെ അടുത്ത് ഒരു പ്രദേശം വിജനം എന്നുള്ള വാക്കുകൾ അവിടെ കൊണ്ടുപോയി ഗർഭിണിയായ ശരി പ്രദേശം അവിടെയും ചെറിയൊരു എന്താണ് ആശ്രമങ്ങൾ കാണുമെന്ന് പണ്ട് സീത എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രഗർത്തിനായി അത് എന്നുള്ള വ്യാജേനെ ആഗ്രഹ സ്ഥാപിപ്പിക്കാൻ എന്നുള്ള വ്യാജേനെ നീ കൊണ്ടുപോയിട്ടു ആ വിജന ലേ സ്ഥലത്ത് പോയി എന്നാൽ ആശ്രമത്തെ കൊണ്ടുവിടാനല്ല പറഞ്ഞത് ആശ്രമത്തെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്തെയും സീത രക്ഷപ്പെടും വിജന ദേശത്ത് കൊണ്ടുവിട്ടാ എന്തെയ്യും എന്തെങ്കിലും മൃഗങ്ങൾ കളിച്ച് വനമല്ല ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു സ്വന്തം നിർത്തിക്കഴിഞ്ഞു അല്ലാതെ രാജധർമ്മമെന്നുള്ള രീതിയിൽ ഇന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പേരുടെ ഒന്നും അല്ല അങ്ങനെയൊന്നും രാമായണത്തില്ല പിന്നെ ഇതൊക്കെ എന്തിനങ്ങനെ എഴുതി വെച്ചു പഴയ അന്നത്തെ കാഴ്ചപ്പാടും പഴയ മനുഷ്യന്റെ കാഴ്ചപ്പാട് സംശയവും രാമായണെടുത്ത് വായിച്ചു നോക്കുക രാമായണം വായിക്കുന്നവർ ആദ്യം ഒരു കാര്യം ചെയ്യണം എന്നെ കുറിച്ച് സംസ്കൃതം പഠിക്കണം എന്തെങ്കിലും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒക്കെ വേറെ എന്തെങ്കിലും കിട്ടും കാരണം വ്യാഖ്യാനങ്ങളെ കൊടുത്ത് പുഴയും ഇതെങ്കിലും സത്യസന്ധമായി വ്യാഖ്യാനിക്കും ജനിവിനായി വ്യാഖ്യാനിക്കാമെന്ന് പറയുന്നുണ്ട് അത് പ്രയാസം ജനുവിനായി കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ജനുവിനാകും അത് ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസനത്തിൻ്റെ ഒരു പാഠം നിങ്ങൾ ജനുവിനാകും പറയുന്നത് ആധുനിക മനശ്വാസം എന്തിനാണ് ജനുവിനാകുന്നതെന്ന് നിങ്ങൾ ജനുവിനാകാൻ മാത്രമേ നിങ്ങൾക്ക് ജനുവിനായിട്ടുള്ള ഉണ്ടാവൂ എന്നാൽ മാത്രമേറ്റവും വലിയ ആർക്കുള്ളൂ നിങ്ങൾ ജനുവിൻ ആയിരുന്നാലും നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവും അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷം ശരിയായ സന്തോഷം അത് പറ്റിയെല്ലാം മറിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന എന്തായാലും എസ്സിയുടെ ഹാപ്പിനെസ് ഇതിന് നിങ്ങളുടെ സന്തോഷത്തിൽ തന്നെ ഉണ്ടായ ആശങ്ക നിങ്ങളുടെ സന്തോഷത്തിൽ തന്നെ ഉണ്ടായ ഭയം സന്തോഷത്തിൽ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സുകളും ഉണ്ടാകും നിങ്ങളുടെ സന്തോഷത്തിൽ തന്നെ ഡിപ്രഷനും എന്തുകൊണ്ടാണ് നിങ്ങൾ ജനുവിൻ അല്ലാത്തുകൊണ്ടാണ് സന്തോഷത്തിൽ തന്നെ ഭയം ഇത് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളൊന്നും പറയുന്നതല്ല ആധുനിക മനസ്സാസ അപ്പോൾ ആദ്യം നമ്മൾ ജനുവിനായിരിക്കും ആകാൻ ശ്രമിക്കുക ഞാൻ ജനുവിൻ ആണോന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറേ ആകാ അത്ര പറയാനുള്ളൂ എത്ര ശ്രമിക്കുന്നു അതിനനുസരിച്ച് സന്തോഷം അത് ജനുവിനാവുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസങ്ങളാണ് നമുക്ക് ജനവിനാവണവരെ പ്രധാനമായും വേണ്ടതെന്താണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആകാതെ ഡിപ്പെൻഡന്റ് ആകാതെ ഒന്നിനും അഡിക്റ്റ് ആകാം എന്നാലും നമുക്ക് ജനവിനാകാം അതെന്താണ് അങ്ങനെ പറയുന്നത് അതായത് നമുക്ക് കിട്ടുന്ന സൗകര്യം സൗകര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റും ലഭ്യമാവുന്ന സൗകര്യങ്ങളിൽ മനുഷ്യർ ജീവിക്കാൻ പറ്റും അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യങ്ങളിൽ ഡിപ്പെൻഡന്റ് അതിലഡിക്റ്റാവേറ്റവും പ്രധാനപ്പെട്ടതായി അഡിക്റ്റായി വരുന്നതും നമ്മളതിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അതിനാണ് ഈ ആസക്തി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ദുരുവിനാകാൻ പറ്റത്തുള്ളൂ മറ്റെന്താണ് നമുക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളിൽ നാളെ നമ്മൾ ഉപയോഗിക്കും അതിനെ ആശ്രയിക്കുന്നതും അതിൽ ആസക്തമാകുന്നതും വ്യത്യാസം എന്താണ് അത്തരം സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഇല്ലാതിരുന്നാലും നമ്മൾ സന്തോഷമായി ആ സൗകര്യങ്ങളുള്ളപ്പോഴും നമുക്ക് സന്തോഷമായി പക്ഷെ അതിനാശ്രയിച്ചു കഴിഞ്ഞാൽ അതിനെ അഡിക്റ്റായി എപ്പോഴും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒന്നായി നഷ്ടപോ മനസ്സിലാക്കി ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞാനെങ്ങനെ ജീവിക്കും അതാണ് നമ്മുടെ അഡിക്ഷൻ തോന്നാവുന്ന ഒരു സൗകര്യങ്ങളും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും സന്തോഷമായിട്ട് തന്നെ ജീവിക്കും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവ മരിക്കും അത്രയും വെറുതെ സംഭവിക്കില്ലേ ലോകം മനുഷ്യന് ജീവിക്കാൻ കഴിയാതെ ഒന്നുകഴിഞ്ഞാൽ മരിക്കും ജീവിതം നാഭിനന്ദ്രണ്ടും ഒരേ മനോഹരം ഇതാണ് അഭിനന്ദിക്കുന്നത് അപ്പൊ അവിടെ ഒരു കാരണവിശേഷം എന്താണോ നമ്മുടെ സൗകര്യങ്ങളെ ആശ്രയിക്കേണ്ടത് അങ്ങനെ വരുന്ന കാണാൻ കീർത്തിയെ കുറിച്ച് കീർത്തിയെക്കുറിച്ച് എന്തിനാ വേഗതപ്പെടുന്നത് അതും നമ്മുടെ കീർത്തിയിൽ നമ്മുടെ യഥാർത്ഥ ജീവിതമായിട്ട് യാഗം മനുഷ്യന്റെ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥമായ ജീവിതവും അർത്ഥവത്തായാലും രണ്ടും വൃത്ത വ്യത്യാസങ്ങളിൽ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ചെറുപ്പതെന്ന് മനസ്സിലാവും അർത്ഥവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും സാർത്ഥകം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മനുഷ്യന്റെ സാർത്ഥകമായ ജീവിതം എന്ന് പറയുന്നത് എന്താണ് സന്തോഷമായി ജീവിക്കാമെന്നാണ് അതാണ് ജീവിതത്തിന്റെ സാർത്ഥകത നമ്മൾ ഇവിടെ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചു എത്രയൊക്കെ കീർത്തിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞു കീർത്തി നേടണം എന്നുള്ളതാണ് ലോകാവസാനം വരെയുള്ള കീർത്തി നേടാൻ വേണ്ടിയിട്ടാണ് രാമനെന്തിയത് ശ്രീലേ കൊണ്ടി വിജനദേശത്ത് ഉപേക്ഷിച്ചത് അതാണിന്ന് രാമൻ രേഖ അങ്ങനെ ലോകം മുഴുവൻ രാമനെ വിമർശിക്കുന്നത് കുറച്ച് മതഭ്രാന്തന്മാരൊരു ഈ ഒറ്റ കാരണത്തിന്റെ പേരിലാണ് സീത ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് പിന്നെ അവർ ഒന്ന് സമാധാനിക്കുന്ന എന്താണോ അവർ രാമായണത്തിൽ അത് കൊളഞ്ഞു പോകുമോ ഇതൊക്കെ ശരിക്കും ഇതൊക്കെ പഠിച്ചു ആ പാതകത്തിൽ ഒന്നും ആ കഥാപാത്രത്തിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല വളരെ മോശം പ്രവൃത്തിയാണ് ആ കഥാപാത്രം ചെയ്തത് ദൈവത്തെ അല്ലെ ഞാൻ പറയാം ഗർഭിണിയായ സ്വന്തം പേര് എന്നാണ് കീർത്തിക്ക് വേണ്ടി വിനതമായ പാട്ടുകൊടുക്കുന്ന മൃഗങ്ങളുടെ ഇടയിൽ വെച്ചു എന്തിനാണ് കീർത്തി എന്ന് പറയുന്നതിനെ കുറിച്ച് കീർത്തിയെ കുറിച്ചൊന്നും പഠിക്കുക ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കീർത്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഫെയിൻ അതിനുവേണ്ടി ഒരു മനുഷ്യൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായി ചിലപ്പോൾ അത് കുറെ നേടിയെടുക്കാൻ പറ്റുന്നു വ്യക്തിപരമായി ആത്യന്തികമായി ആ വ്യക്തിക്ക് സംഭവിക്കുന്നതും മനുശാസം കഴിയുന്നത് ഒരുതരം ഐസൊലേഷനാണ് ഒരുതരം ഒറ്റപ്പെടലാണ് എല്ലായിടത്തിലും മനസ്സിലും ഒന്ന് കുറച്ച് കീർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെടുന്ന എന്താണ് നമ്മുടെ ഫ്രീഡം അത് നഷ്ടപ്പെടും ഇന്നിപ്പോൾ ഈ പറയുന്ന എന്താണോ സാധാരണ മനുഷ്യരുമായി മോഹൻലാൽ മമ്മൂ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും അവരോട് ആൾക്കാർ ഇവർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റും അതാണ് ആദ്യത്തെ സാമൂഹികമായ ഒറ്റപ്പെടൽ അവിടെയാണ് സംഭവിക്കുന്നത് സമൂഹത്തിൽ നിന്ന് അവർ അവർ പോകുന്നത് എന്താണ് സമൂഹത്തോടെ ഇടപഴകാൻ കഴിയുന്നത് അവർ സാധാരണ മനുഷ്യനെന്നുള്ളതിനൊക്കെ അവർക്ക് ഒരുപാട് പിന്നെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങളുണ്ട് അത് മാനസികമായും അറ്റപ്പെടലുണ്ട് അങ്ങനെ പിന്നെ എന്താണ് ഈ ഒരാളെ കീർത്തി ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആ കീർത്തിയിൽ ദുഷ്കീർത്തി കലരാതെ അതാണ് ഒരു തരത്തിലൂടെ ദുഷ്കീർത്തി വരാതെ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ പറ്റുമോ ഇല്ല അത് സാധിക്കുന്ന കാര്യമാണ് കീർത്തിക്ക് വേണ്ടി ഒരുപാട് ബാലൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മോഹൻലാന കാര്യത്തിൽ അവിടെ ഒരുപാട് ബാലൻസ് ചെയ്യുകയാണ് കീർത്തിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളെ പ്രദർശിപ്പിക്കുക ഇങ്ങനെ എല്ലാ കീർത്തിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഒറ്റയടിക്ക് പോയി എന്താണ് എംബുരാൻ എന്ന് പറയുന്നൊരു സിനിമ വന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം തരുപടിയായി അതുവരെ ആരാധിച്ചിരുന്നവരെല്ലാവരുടെയും അത്തരത്തിലുള്ള പുതിയ ആരാധകരുണ്ട് ഇപ്പൊ പുൽവാമയിൽ നിന്ന് ഒരു കമന്റ് ഇട്ട് തീർന്നു ഒന്ന് കൊലപണിക്കയായിരുന്നു മോഹൻ അപ്പൊ കീർത്തിയിൽ ദുഷ്കീർത്തി ഇതൊക്കെ എവർക്കും മാനസികമായ ആകാ കുറേ നമ്മൾ കാണുമ്പോലെ പ്രയാസമുള്ള കാര്യമാണ് കീർത്തിക്ക് വേണ്ടി അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ഇടറ്റത് സാധിക്കാതെ സ്ട്രെസ് ഉണ്ടാക്കുക ഡിപ്രഷനുണ്ടാക്കുന്ന വ്യക്തികൾക്ക് പിന്നെ ഇതിന്റെ പൊതുവായ മനഃശാസ്ത്ര പറയുന്നവർ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങൾ വിധം ഭയമാണ് ഭയമുണ്ടാകും ഒന്ന് വായിച്ചു നോക്കുന്നു കൂടെ കീർത്തി പ്രശ്നങ്ങൾ ഭയക്കും ഭയക്കാന്ന് വെച്ചാൽ ഏതാണ് തന്റെ കീർത്തിയെ നിലനിർത്തുന്ന ഇതാണ് തന്റെ കീർത്തിയെ നശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഭയം ഉണ്ടാവും ദുഃഖമുണ്ടാവും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തികൾ നേരിട്ടു ഇതെല്ലാം ആത്യന്തികമായി അവർ അവർ സംഭവിക്കുന്ന ഒരു ഐസൊലേഷൻ അവർ അവരിലേക്ക് തന്നെ ഒതുക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ സന്യാസത്തിന്റെ ഒതുക്കം അല്ല അതിന്റെ കാര്യം എന്താ പറയുക കീർത്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അവർക്ക് എന്താണ് മനുഷ്യൻ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും പല പല പ്രശ്നങ്ങളൊക്കെ ചർച്ച അപ്പോ ലോകത്ത് സമൂഹത്തിൽ അങ്ങനെ കീർത്തിയായിട്ട് മനുഷ്യരെല്ലാം മിക്കവാറും ഇല്ല അവർ അവര് മരണത്തോടിക്കുമ്പം അവരുടെ അവസ്ഥ വളരെ ശോചനീയം സമൂഹത്തിൽ കീർത്തി അവരുടെ മനസ്സിൽ കീർത്തി നഷ്ടപ്പെട്ടാണ് അവർ അത് വേണ്ടി ശ്രമിക്കുന്നത് ശ്രമിക്കുന്നവരുടെ സമൂഹത്തിൽ പലർക്കും കീർത്തി ഉണ്ടാവും അതിന്റെ കാര്യമുണ്ടാവും അത് അവര് ശ്രമിച്ചിട്ടുണ്ടാകും അപ്പൊ കീർത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താന്ന് പറയുന്ന എന്റെ ദോഷം പറയുമ്പോൾ അവർക്ക് കീർത്തി ഉണ്ടാകുന്ന ദോഷമൊന്നും പറയും സ്വാഭാവികമായിട്ടാണ് ഉണ്ടാകുന്നെങ്കിൽ അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നില്ലെങ്കിൽ അതിന് അവർക്ക് ദോഷമൊന്നുമില്ല കാരണം അത് അവിടെയാണ് ഈ പറയുന്നതുല്യ സതീർമാനം എന്ന് പറയുന്നത് രണ്ട് ചെറുക്കും സ്വാഭാവികമായി സംഭവിക്കുന്നു എന്തായാലും അതിന് യറിയിക്കുന്നു പക്ഷെ അതിനുവേണ്ടി ഉള്ള ഉദ്യം സ്വന്തം ഭാഗത്തു നിന്ന് ഉണ്ടാകണമെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണുള്ള ചർച്ച ഇവിടെ അതാണ് പറയുന്നത് എനക്ക് കീർത്തി അത് വേണം ഇനി അവരെയൊക്കെ കൊള്ളണം കൊന്നില്ലെങ്കിൽ ദുഷ്ട രാമൻ പറയുന്നത് തന്നെയാണ് എനിക്ക് കീർത്തിയാണുള്ളത് അതിനുവേണ്ടി ഞാൻ മരിക്കും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിക്കും അതിന് വേറെ ഒരു ത്യാഗവ്യാഖ്യാനവും രാമായണത്തിൽ പറയുന്നില്ല ഒരു രാജ്യ നന്ദിയും പറയുന്നില്ല കേവല വ്യക്തിപരമായിട്ടുള്ള അതിർത്തി ഭ്രാന് എന്നാണ് രാമായണത്തിന് വേണ്ടി സംശയം അത്തരം കഥാപാത്രങ്ങളുടെ അത്തരം ആശയഗതികളോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനത് പറയുന്നത് അല്ലാതെ ഞാൻ ദൈവത്തിനെ കുറ്റം പറയുന്നു നിങ്ങളുടെ ദൈവം തന്നെയാണ് എനിക്ക് അതല്ല ഞാൻ ഇത് പത്രസൃഷ്ടികളാണ് അത് മനുഷ്യന് നല്ല പാഠങ്ങളും അത് എന്റെ കൂടെ പറയുന്നു എന്താണ് വ്യാപാരം വൻ എത്രകാലം ഇവനെക്കുറിച്ച് ദുഷ്കീർത്തി പറയുന്നു അത്രയും കാലം നിലകീർത്തി കിടക്കുന്നു എന്ന് പറയും അതുടർന്ന് വരുന്ന വിഭാഗങ്ങളും ഈ കീർത്തിയെ കുറിച്ചാണ് പറയുന്നത് പഴയ ഒരു സങ്കല്പം പണ്ടത്തെ സങ്കല്പം എന്ന് പറയുന്നത് പഴയ ക്ഷത്രിയന്മാരും പുരോഹിതന്മാരും പഠിപ്പിച്ചു നമ്മളെന്തെങ്കിലും ജീവിക്കേണ്ടത് കീർത്തിക്ക് വേണ്ടിയിട്ടാണ് അന്ന് കീർത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് വീര സൂരപരാക്രമങ്ങൾ കാണിച്ച് മനുഷ്യരെ കൊല്ലുന്നതാണ് മനുഷ്യരുടെ കീർത്തി എന്ന് കണ്ടിരുന്ന ഒരു കാലം ഇന്ന് മനുഷ്യന് കീർത്തി അതിരുന്നില്ല ഇന്ന് മനുഷ്യനെ കീർത്തി വരേണ്ട മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ മനുഷ്യന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇപ്പൊ ശരിക്കും രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങുന്നത് യുക്രൈൻ ആരാധകുട്ടൻ ക്രീമിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വീണ്ടും ഇന്നും നടന്നുകൊണ്ടെങ്കിലും അയാൾക്ക് കീർത്തിയുണ്ട് അയാൾ ആരെങ്കിലും കീർത്തിക്കുന്നുണ്ടോ ആരുമയാൾ കീർത്തിക്കുന്നില്ല എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് മോശം കാര്യമാണ് ഒരുപാട് ജനങ്ങളെ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പൊ യുദ്ധം കൊണ്ടിന്നാർക്കും കീർത്തി ഉണ്ടാകില്ല അത് ന്യായത്തിന് വേണ്ടിയോ അന്യായത്തിന് വേണ്ടിയോ ധർമ്മമോ അധർമ്മമൊന്നും ഉണ്ടാകുന്നത് തീരുമാനിക്കാൻ പ്രയാസം പണ്ടത്തെ പോലെ ഉണ്ടെങ്കിൽ മനുഷ്യൻ അത് ചെയ്തത് മനുഷ്യരെ പൊരുത്തുകയാണെങ്കിൽ അത് മോശം കാര്യം തന്നെയാണ് അത് ആർക്കും കീർത്തി അതാണ് ഏഴ് പിന്നിൽ പുൽവാമ ബാക്കികളൊക്കെയാണ് അതിന്റെ തൊക്കെ അടുത്ത ക്ലാസ്സിൽ ചർച്ചയിൽ എല്ലാവരും പ്രതീക്ഷയോടുകൂടി വരിക